പിന്നീട് ആ ദുഃഖത്തിനുശേഷം അവൻ നിങ്ങൾക്കൊരു ശാന്തി നൽകി അത് നിങ്ങളിൽ ഒരു വിഭാഗത്തെ മൂടിയ ഒരു ഉറക്കമായിരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം തങ്ങളുടെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നു അവർ അള്ളാഹുസുബാനുഹുവ തയാലായെക്കുറിച്ച് സത്യമല്ലാത്ത ജാഹ്ലിയ കാലത്തെ ധാരണകൾ വെച്ചു അവർ ചോദിച്ചു ഈ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും അധികാരമുണ്ടോ പറയുക തീർച്ചയായും എല്ലാ കാര്യങ്ങളും അള്ളാഹുസുബഹാനുഹുവ തയാലാവിനാണ് അവർ നിങ്ങൾക്ക് വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു അവർ പറയുന്നു ഈ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും അധികാരമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല പറയുക നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നിരുന്നിട്ടും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ അവരുടെ മരണസ്ഥലത്തേക്ക് പുറപ്പെടുമായിരുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പരീക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിലുള്ളതിനെ ശുദ്ധീകരിക്കാനുമാണ് അള്ളാഹു സുബഹാനുഹുവ തായാല ഇത് ചെയ്തത് ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അള്ളാഹുസുബഹാനുഹുവ തയാല എല്ലാം അറിയുന്നവരാണ്